ൂപന്തേ ശാത്തപാവനചിന്യൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ കിന്തിലഹ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തേഹിമൂർത്തമഹം ഹരി ഓ പാർയ പ്രതിബോധിതായണേന സ്വയം വ്യാസനഗ്ര പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യംബനുസാ भगवद्गीते ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാല ബുദ്ധേ ഫുല്ലേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ പ്രപന്നിജാതോത്രേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ गीतामृत दुहे ഗീതമൃതദുഹേന വസുദേവത കംസ ചാണൂരമർദന ദനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാളം പങ്കു ലംഘയേ ഗിരികൃപം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുൺവത്തിവ്യൈസ്തവേസ്സപദ്രമോപനിഷദൈർഗാത്തിയം സമഗാ ധ്യവസ്ഥതഗതേ നനസ പശ്യം യോഗിനോ യം നദുസുരാഗണാ തസ്മൈ നമ പാർസാരഥി ശ്രാവി ശുഭം ഗിരം हम, अनेक ത്തിനേകജന്മാർജംസ്കാരുരഭാവബന്ധ എന്ന് ശ്രദ്ധയ്ക്കൊരു വ്യാഖ്യാനം പറഞ്ഞത് തന്നെ ഒരു വലിയ ചൂർണിയൊക്കെ പോലെയുണ്ട് അനേക ജന്മാർജിത സംസ്കാര ജാത് അതിൽ നിന്ന് ജനിച്ചിട്ടുള്ള സംസ്കാരത്തിന്റെ ബലമായി മനസ്സിലുണ്ടാകുന്ന ഭാസുരമായ ഭാവബന്ധം എന്തിനോടെങ്കിലുമൊക്കെ അതിനൊരു അടുപ്പം ആ അടുപ്പത്തിന് എന്ന് പറയാം എന്ന് ശ്രദ്ധയ്ക്ക് പല വ്യാഖ്യാനങ്ങളിൽ അതൊരു വ്യാഖ്യാനം സാംസാരികമായ വിഷയത്തിൽ ശ്രദ്ധ വരുമ്പോൾ അതിന് ഭോഗം പ്രധാനം ധർമ്മ ശ്രദ്ധ വരുമ്പോൾ അതിന് ഭാവം പ്രധാനം പരമാർത്ഥ വിഷയത്തിൽ ശ്രദ്ധ വരുമ്പോൾ ജ്ഞാനം പ്രധാനം ആ ശ്രദ്ധ സാത്വികമാകുമ്പോ എന്ത് ലക്ഷണം രാജസമാകുമ്പോ എന്ത് ലക്ഷണം താമസമാകുമ്പോൾ എന്ത് ലക്ഷണം ഇതൊക്കെയാണ് നമ്മള് ഇപ്പൊ കണ്ടുവരണത് ഇന്നലെ നമ്മള് തപസ്സിന്റെ ആദ്യ പടി അധ്യാത്മ ജീവിതം എന്നുവെച്ചാൽ ജീവിതം മുഴുവനും അധ്യാത്മമാണ് സമ്പ്രദായം എന്ന് പറയുമ്പോ വേദസമഗ്രമായ വൈദിക മാർഗം എന്ന് പറഞ്ഞാൽ കർമ്മം ഉപാസന ജ്ഞാനം മൂന്നുണ്ടാവും ഭഗവാൻ രമണ മഹർഷിയുടെ ഉപദേശസാരം അതിലാ മുപ്പത് ശ്ലോകത്തില് കർമ്മം എന്ന് തുടങ്ങി उपासना, പ്രാണവിദ്യ ജ്ഞാനം എല്ലാ ഉണ്ട് അതുകൊണ്ട് അതിന് ഉപദേശസാരം എന്ന് പേര് വേദത്തിന്റെ സമഗ്രമായ ഉപദേശം മുഴുവനും അതിനകത്തുണ്ട് കർമ്മ ഉണ്ട് ഉപാസന ഉണ്ട് ജ്ഞാന അതേപോലെ ഗീത ശങ്കരാചാര്യര് പറഞ്ഞു എന്താണ് ഈ ഭഗവത്ഗീത എന്ന് വെച്ചാൽ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം േദാർത്ഥ സാര സംഗ്രഹഭൂതം വേദത്തിന്റെ വ്യാഖ്യാനമാണ് ഭഗവത്ഗീത വേദാധ്യയനം ചെയ്തവർക്ക് ഗീതയ്ക്ക് ഒരു പുതിയ തരത്തിൽ അർത്ഥം തോന്നും ഗീതാധ്യയനത്തിന് ശേഷം വേദാധ്യയനം ചെയ്യുമ്പോൾ വേദത്തിനൊരു പുതിയ അർത്ഥം തോന്നും പുതിയന്ന് അതിന്റെ വാസ്തവമായ ദിശ അതിന്റെ വഴി അപ്പോഴാണ് കണ് കണ്ണില് അപ്പോ ഈ സനാതന ധർമ്മം അഥവാ വൈദികമായ ഈ സമ്പ്രദായത്തില് ജീവിതം മുഴുവനും അതിന് അർപ്പണം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു അപ്പൊ ആദ്യ പടി അതില് ബേസിക് ആയിട്ട് ബിഗിൻ ഫ്രം ദ ബിഗിനിങ് എന്ന് പറയും ിങ് ആണ് ഭക്ഷണം എന്ന് പറയണത് നമ്മൾ നമുക്ക് ബിഗിനിങ്ങും നടുവും അവസാനവും ഒക്കെ ഭക്ഷണമാണ് സപ്താഹത്തിലൊക്കെ പറയണത് സപ്താഹം കേമായിട്ടോ എത്ര പറയുവെച്ചെന്ന് വിചാരിച്ചതെന്ന് സപ്താഹത്തിന് എത്ര പറ വെച്ചു എന്നുള്ളതാണ് സപ്താഹത്തിന്റെ കേമത്തെന്നാണ് അപ്പോ ഭഗവാൻ പക്ഷെ ആദ്യം പറഞ്ഞു ഭക്ഷണം ആയുഷ് സത്വബലാരോഗ്യ സുഖപ്രീതി വിവർ ഹൃദയാ ആഹാര സാത്വികമായിട്ടുള്ളവരുടെ ഭക്ഷണം എങ്ങനെ ഉണ്ടാവണം എന്ന് പറഞ്ഞു പൊതുവേ പറയും ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ യോഗി രണ്ടു നേരം ഭക്ഷണം കഴിച്ചാൽ ഭോഗി മൂന്നു നേരം ഭക്ഷണം കഴിച്ചാൽ രോഗി നാല് നേരം കഴിച്ചാൽ ദ്രോഹി നമ്മളിപ്പോ ഏത് കാറ്റഗറിയിൽ പെട്ടതാ ചിലര് കുറച്ചു കുറച്ചായിട്ട് പല പ്രാവശ്യം കഴിക്കും ഒത്തിരി ജീർണിക്കും അല്ലേ ചിലര് നാലു നേരത്തെയും ഒരു നേരം കഴിക്കും ഇതിന്റെയൊക്കെ ഓരോരുത്തരും കണ്ടുപിടിച്ചോളണം അതൊരു തപസ്സാ എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കണം എന്ത് കഴിച്ചാലാണ് അധ്യാത്മസാധനയ്ക്ക് തടസ്സം എന്നുള്ളതൊക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ച് കണ്ടുപിടിക്കണം ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണം എന്ന് പറയണതിൽ ഒരു മുഖ്യമായ ഭാഗം ഭക്ഷണമാണ് ഏത് ഭക്ഷണം കഴിച്ചാൽ മനസ്സ് ശാന്തായിരിക്കണോന്നൊക്കെ അദ്ദേഹം ഒരുപാട് പരീക്ഷണം ചെയ്ത് എഴുതി പക്ഷെ കുഴപ്പമെന്താന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയത് വായിച്ച് നമ്മൾ അതുപോലെ ചെയ്താൽ നമുക്ക് ശരിയാവില്ല അത് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ സിസ്റ്റത്തിനും പറ്റിയതാണ് ഈ കാര്യമൊന്നും ഒരാളെയും നോക്കി വേറെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാനേ പറ്റില്ല ഗാന്ധിജിക്ക് പാല് നന്ന് അതും ആടിന്റെ പാല് അതും കറുത്ത ആടിന്റെ പാല് എന്നാണ് അതെന്താ ഈ കറുത്ത ആടിന്റെ പാലം എന്ന് വെച്ചാ ഓ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നു കറുത്ത ആട് പോണ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകും ഓറഞ്ച് ജ്യൂസേ കഴിക്കുള്ളൂ തമാശ ആയിട്ട് ഗാന്ധിജി തന്നെ പറയും മൈ സിംപ്ലിസിറ്റി ഈസ് വെരി കോസ്റ്റ്ലി ശരീരത്തിന്റെ സിസ്റ്റത്തിനെ തപസ് ചെയ്ത് എന്തു ഭക്ഷണം വേണമെന്ന് തീരുമാനിക്കുന്നത് അധ്യാത്മസാധനയുടെ ആദ്യത്തെ പടിയാണ് അത് ഇന്നലെ ഭഗവാൻ അതിന്റെ ഏകദേശ സ്വരൂപം പറഞ്ഞു സാത്വിക ഭക്ഷണം എന്താണെന്നും രാജസഭക്ഷണം എന്താണെന്നും താമസ ഭക്ഷണം എന്താണെന്നും തീവ്ര രുചിയുള്ളതൊക്കെ രാജസമാണ് വളിച്ചതും പുളിച്ചതുമായിട്ടുള്ളതൊക്കെ താമസാണ് ചീഞ്ഞുപോയതൊക്കെ കഴിക്കുന്നത് താമസാണ് എന്ന് മൂന്ന് തരത്തിലുള്ള ഭക്ഷണങ്ങളെ കുറിച്ചും ഭഗവാൻ ഇന്നലെ പറഞ്ഞു അത് കഴിഞ്ഞപ്പ യജ്ഞം വിഷയത്തിലേക്ക് നമ്മൾ ഇന്നലെ വന്നു ഫലേച്ഛയില്ലാതെ വേദം വിധിച്ചിട്ടുള്ളത് ശാസ്ത്രചോദനാദൃഷ്ടമായിട്ടുള്ള യജ്ഞ ഉണ്ടല്ലോ അത് യഷ്ടവ്യമേ വേദി അതിന്റെ ധർമ്മമാണെന്ന് പറഞ്ഞ് മനസ്സിനെ ഭഗവതർപ്പണം ചെയ്തുകൊണ്ട് അതായത് യാഗയജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഭാഗവതമൊക്കെ നടക്കുന്നത് നിങ്ങൾ നോക്കണം യജ്ഞത്തിന് യജമാനനും ഹോതാവും അധ്വര്യവും ബ്രഹ്മാവും ചാതുർഹോത്രം എന്നാണ് പറയുക ഈ ചാതുർഹോത്രം നാല് ആളുകളും ഒക്കെ സമ ശാന്തിയോടെയിരിക്കണം എന്ന് പറഞ്ഞ് യാഗം നടക്കുന്നതിന്റെ ഇടവേളയിലാണ് മഹാഭാരതം ഭാഗവതം കഥകളൊക്കെ പറഞ്ഞത് ഭാഗവതം തുടങ്ങണതെങ്ങനെയാണല്ലോ നൈമിഷേ നിമിഷ സത്രം സ്വർഗാ ലോകായ സഹസ്രസമമാസത്ത് മുനയ പ്രാതർഹുതാഗ്ന സത്കൃതം സൂതമാസീനം പപ്രഛുരിതമാരാത് രാവിലെ ചെയ്യേണ്ട ആഹുതികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് സൂതനോട് ഭാഗവതം പറയാൻ പറയാണ് അപ്പോഴാണ് പറഞ്ഞ് അവരൊക്കെ കേൾക്കണു മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടാണ് അടുത്ത ആഹുതിക്ക് പോണത് അടുത്ത ആഹുതിക്ക് മഹാഭാരതം മുഴുവൻ എടയൽ വൈശമ്പായനൻ പറയണത്താണ് നിങ്ങൾ ഈ മഹാഭാരതം അമർചിത്ര കഥ വാങ്ങി നോക്കിയാൽ ഇംഗ്ലീഷിൽ അവർ മൂന്ന് വാള്യം പബ്ലിഷ് ചെയ്തു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് വളരെ പ്രാമാണികമായിട്ട് വളരെ സാരവത്തായിട്ട് ചിലയിടത്തൊക്കെ ശ്ലോകം അടക്കം കൊടുത്തിട്ടുണ്ട് ചോട്ടില് അതിൽ നോക്കിയാൽ കാണാം ആഹുതിക്കുന്ന അടുവിൽ വൈശമ്പായനൻ കഥ പറയും വ്യാസൻ ഇരിക്കുന്നുണ്ടാവും നമ്മളുടെ പരമ്പരയില് ഒരാളുടെ മാത്രമേ പെൻ പിക്ചർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ ശങ്കരാചാര്യർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അറിയില്ല നമ്മുടെ ആത്മതീർഥത്തിൽ പലതരത്തിലുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട് ആചാര്യസ്വാമിയുടെ ചരിത്രം ആത്മതീർത്ഥത്തില് എന്താണ് കുട്ടികൾ പോലും എടുത്തു നോക്കണം എന്ന് പറഞ്ഞ് അമ്പത്തിനാല് പിക്ചർ കൊടുത്തിട്ടുണ്ട് പക്ഷെ പിക്ചർ ഓരോന്നും പോലെയാ വ്യാസഭഗവാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വൈശമ്പായനൻ തന്നെ വർണ്ണിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ അഭ്രശ്യാമം പി ജാബ്ദ്ധകലാപ്രാംശുർദണ്ഡീ കൃഷ്ണമൃഗത്വരിധാന സാക്ഷാൻ പാവയമാണ പർവസ്വം വിവൃണോ ഈ പാരാശര്യനായ വ്യാസൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് വച്ചാൽ ശിഷ്യനായ വൈശംബായനൻ വ്യാസഭഗവാൻ മുമ്പിലിരിക്കുന്നുണ്ട് വ്യാസഭഗവാന്റെ ഫാം ആ രൂപത്തിനെ വർണ്ണിക്കുന്നുണ്ട് അഭ്രശ്യാമ നല്ല കറുത്ത മേഘം പോലെ കളർ എന്നാണ് കറുപ്പ് കളർ പിങ്കജടാബദ്ധകലാപഹ നല്ല ചെമ്പിച്ച ജട എന്നുവെച്ച എണ്ണയില്ലാത്ത തലമുടി ചെമ്പിച്ച ജട അഭ്രഷ്യാമ പിങ്കജടാബദ്ധകലാപഹം ാംശുഹു നല്ല വയരം വിഷ്ണുവിന്റെ അവതാരം എന്നൊക്കെ പറയുമ്പോൾ ഉയരുണ്ടാവണം എന്നാണ് രാമനോ പ്രാംശുഹു രാമനെ പറയുമ്പോ തന്നെ കമ്പർ പറയണത് അഗസ്ത്യന്റെ മുമ്പിൽ പോകുമ്പോ അഗസ്ത്യനും രാമനും അഗസ്ത്യനും വയരമേ ഇല്ല കുളമാണ് അപ്പൊ നെടിയവൻ എന്നാണ് രാമനെ പറയണത് അതുപോലെ വ്യാസൻ പ്രാംശുർദണ്ഡി കയ്യിൽ ദണ്ഡം ധരിച്ചിട്ടുണ്ട് കൃഷ്ണമൃഗത്വ പരിധാനം കൃഷ്ണമൃഗം മാൻതോല് ധരിച്ചിരിക്കുന്നു വസ്ത്രമായിട്ട് സാക്ഷാത് ലോകാൻ പാവയമാനഹ തന്റെ സാന്നിധ്യം കൊണ്ട് ലോകത്തിനെ മുഴുവൻ പവിത്രീകരിക്കുന്നതായ പരാശര്യ പരാശരപുത്രൻ ഈ ഭാരതത്തിന്റെ അർത്ഥം എനിക്ക് പ്രകാശിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈശംഭായനൻ കഥ പറയണത് ഇടയ്ക്ക് ആഹുതിക്ക് സമയമായി എന്ന് പറഞ്ഞ് ഋഷികൾ വന്ന് വിളിക്കണമൊക്കെ നിങ്ങൾക്ക് അമർചിത്ര കാണാം ഇടയിൽ വന്ന് ഉള്ളു വന്ന് വിളിക്കും ബ്രാഹ്മണരെ വന്ന് വിളിക്കും അടുത്ത ആഹുതിക്ക് സമയമാവെന്ന് പറയുമ്പോൾ കഥ അതാത് സ്ഥലത്ത് നിർത്തിയിട്ട് പോകും പിന്നെ വന്നു തുടങ്ങും അപ്പോ അങ്ങനെ യജ്ഞം നടക്കുമ്പോഴാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളുടെ മനസ്സൊക്കെ ശാന്താവണം സമാധാനമായിട്ടിരിക്കണം മനസ്സിന് നല്ല ശാന്തി ഉണ്ടാവണം അപ്പോഴേ യജ്ഞം സഫലാവുള്ളൂ എന്ന് പറഞ്ഞെ അപ്പോ മനസ്സമാധായ എന്ത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മത്തിനെ യജ്ഞമാക്കി മാറ്റാം എന്നാണ് ഗീത മുമ്പ് നമുക്ക് പറഞ്ഞു തന്നത് യാഗയജ്ഞങ്ങൾ മാത്രമല്ല ഏത് കർമ്മവും യജ്ഞമാക്കാം പക്ഷേ മനസ്സമാധായ ഊണ് കഴിക്കുമ്പോ തന്നെ പറയും മൗനേന ഭോക്തവ്യം ശാന്ത്യാ സമാധാനേന അല്ല സമാധാനായിട്ട് ഭഗവത് ധ്യാനത്തോടു കൂടെ മൗനമായിട്ട് ഊണ് കഴിക്കുക ഊണ് കഴിക്കുന്നത് ഒരു യജ്ഞമാണ് അതുപോലെ എന്ത് കർമ്മവും ആദ്യം മനസ്സിനെ സമാധാനം ചെയ്ത് ശാന്തിയാക്കിയിട്ട് കർമ്മം ചെയ്യണം അപ്പോഴേ യജ്ഞമാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് യഷ്ടവ്യമേ വേദി മനസ്സമാധായ സത്വിക അത് സാത്വികമായ യജ്ഞം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു കർമ്മത്തിൽ ഫലത്തിൽ ഇച്ഛയില്ല അയ്യ കർമ്മം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു കർമ്മീവധികാര ആനന്ദം എന്ന് പറയുന്നത് കർമ്മത്തിലാണ് മാ ഫലത്തിലല്ല കഥാചന ഒരിക്കലും കാരണം ഫലം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കഴിഞ്ഞു മാ കർമ്മഫല ഹേ ദുർഭൂഹു കർമ്മം ഫലത്തിന് വേണ്ടി ചെയ്യരുത് അപ്പൊ ഞാൻ ഒന്നും ചെയ്യണില്ലേ മാതേ സംഗാസ്തു അകർമ്മണി വെറുതെ ഇരിക്കരുത് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഫലം വരും എന്തെങ്കിലും നടക്കും നടന്നുകൊണ്ടേയിരിക്കട്ടെ അങ്ങനെ യഷ്ടവ്യം ഞാൻ ചെയ്യണം ഇതെന്റെ ധർമ്മമാണ് ഫലം വരികയോ വരാതിരിക്കുകയോ എങ്ങനെ വേണമെങ്കിൽ അനിഷ്ടം ഇഷ്ടം മിശ്രം ചെ ത്രിവിധം കർമ്മണ ഫലം ഭഗവാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ഏത് കർമ്മത്തിനും ചില സമയത്ത് നല്ല ഫലം വരും ചില സമയത്ത് വരില്ല ചില സമയത്ത് ചീത്തഫലം വരും ചില സമയത്തൊക്കെ മിക്സഡ് ആയിട്ട് വരും അതുകൊണ്ട് ഫലത്തില് മനസ്സ് വെച്ചാൽ സമാധാനമേ ഉണ്ടാവില്ല ചെയ്തുകൊണ്ടിരിക്കുക യഷ്ടവ്യമേവേ ചെയ്തുകൊണ്ട് എന്ത് ഫലമോ വരണോ വരട്ടെ നോക്കേ വേണ്ട ഇതൊക്കെ എത്ര തപസ് ചെയ്താണ് ഋഷികൾ നമുക്ക് ജീവിതത്തില് പൂർണമായ ഒരു വിദ്യയെ തന്നിരിക്കണത് എന്ന് നോക്കണം അതിനാണ് ഭഗവത്ഗീതയെ വേദാധ്യയനം ചെയ്യണ പോലെ ദിവസം ചെയ്യണം അതിങ്ങനെ ഗീതാ കോമ്പറ്റീഷൻ അതിൽ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷൻ ഗീതയുടെ ഫലമേ പോയി ഗീതാ കോമ്പറ്റീഷൻ ഉള്ളതല്ല നിർമത്സരാണാം സദാം വേദ്യം കോമ്പറ്റീഷൻ ഇല്ലാത്തവർക്കാണ് ഗീത ഇവിടെ കോമ്പറ്റീഷനേ ഇല്ല ഗീത്ത കോമ്പറ്റീഷന് വേണ്ടിയൊക്കെ പഠി പഠി പഠിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മള് കാണാപാഠം പഠിക്കണമെന്ന് പോലും ഇല്ല ദിവസം ഭക്തിയോടെ പാരായണം ചെയ്യാം കുറച്ച് കുറച്ചായിട്ട് ഉള്ളിൽ പോകട്ടെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി അതിന്റെ അർത്ഥം ഹൃദയത്തിൽ പ്രകാശിക്കണം ഭഗവാനെ തന്നെ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭഗവാന് മുമ്പിൽ വെച്ചോണ്ട് ഇരുന്ന് പായിക്ക പാരായണം ചെയ്യാം അപ്പൊ കുറച്ചു കുറച്ചായിട്ട് ഗീതാർത്ഥം ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ അനുഗ്രഹം ഉണ്ടാവും ശ്ലോകം ബൈഹാർട്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല അത് ഒരു അഭിമാനമാണ് പലർക്കും ഇത് മുഴുവൻ പറഞ്ഞു നമ്മളുടെ മുമ്പിൽ ചൊല്ലിപ്പിക്കും കുട്ടികളെ കുട്ടി ചൊല്ലും അത് കഴിഞ്ഞാൽ മറന്നുപോകും അടുത്ത അടുത്ത വർഷം ചോദിച്ചു കഴിഞ്ഞ അധ്യായം അത് കഴിഞ്ഞ വർഷത്തെ സിലബസിലായിരുന്നു ഇപ്പൊ മറന്നുപോയി ഇത് അധ്യാത്മ സാധനയാണ് ഇത് സ്കൂൾ സിലബസ് അല്ല ഇത് അക്കാഡമിക്സ് അല്ല ഇത് ജീവിതാണ് അതുകൊണ്ട് ഭക്തിയോടെ ശ്രദ്ധയോടെ ഗീതയെ അധ്യയനം പാരായണം ചെയ്യുക തപോവൻ മഹാരാജ് സ്വാമി തപോവനം കുട്ടിക്കാലം മുതൽ വെച്ചുകൊണ്ടിരുന്ന പഴക്കം അവസാനം വരെ ഏകദേശം വെച്ചുകൊണ്ടിരുന്നു എന്ന് പറയും അതായത് ദിവസം ഗീത മുഴുവൻ പാരായണം ചെയ്യാം മുഴുവനും അതുകൊണ്ട് രണ്ട് കാര്യം ഒന്ന് അങ്ങനെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കും രണ്ട് ആ സമയത്ത് വേറെ എവിടെയും ശ്രദ്ധ പോല നീ പാരായണമെന്ന് പറയണത് ഇതര കർമ്മ വ്യാപാര രാഹിത്യം ഉണ്ടകത്ത് അതായത് വേറെ ഒന്നും ചെയ്യാതിരിക്കാം അത് വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും പാരായണം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഗീതാധ്യയനം ഗീതാപാരായണമെന്ന് പറയണത് ഒരു സ്വഭാവമാക്കി തീർത്താൽ അതൊരു യജ്ഞമാണ് അതിൽ ഫലമൊന്നുമില്ല ഞാൻ ഗീത അധ്യയനം ചെയ്തതുകൊണ്ട് എന്ത് ഫലം ഭഗവത് പ്രസാദമുള്ളില് സമാധാനം ശാന്തി ഗീതാജ്ഞാനമുള്ളില് പ്രകാശിക്കും അങ്ങനെ യജ്ഞമായിട്ട് ചെയ്താൽ അത് സാത്വിക്കും ഇനി അടുത്തത് നോക്കാം അഭിസന്ധായ ഫലം ദംഭാർത്ഥമിത് ഇജ്ജത്തെ ഭരത ശ്രേഷ്ഠ ഹേ ഭരതേ ഭരതന്റെ വംശത്തിൽ ജനിച്ചിട്ടുള്ളവനെ ഭരതൻ എന്നുവെച്ചാൽ വംശത്തിന്റെ ശകുന്തരന്റെ പുത്രനായ ഭരതനുമാവാം ജഡഭരതനും ആവാം ജഡഭരതൻ ഋഷഭയോഗീശ്വരൻറെ പുത്രനായ ഭരതചക്രവർത്തി ഭാഗവതത്തിൽ പറയണു രാജാവായിട്ടിരിക്കും അനേക യാഗങ്ങൾ ചെയ്തു ആ യാഗത്തിനൊക്കെ തന്നെ തന്നെ മൂർത്തിയായി വെച്ചുകൊണ്ട് ഹൃദയത്തിൽ യാഗ ഫലമൊക്കെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്തതുകൊണ്ട് കുറെ യാഗം ചെയ്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ചിത്തം ശുദ്ധമായി ഏകാന്തത്തിൽ പോയിരുന്നു ഭഗവത് ധ്യാനം ചെയ്യണമെന്ന സങ്കല്പദിച്ചു യാഗത്തിന്റെ ഫലമാണ് യജ്ഞത്തിന്റെ ഫലം എന്താ ചിത്തശുദ്ധി യജ്ഞശിഷ്ട അമൃതം എന്നാണ് അതിന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് യജ്ഞം കഴിഞ്ഞിട്ടൊരു അമൃതം കിട്ടും എന്താ അമൃതം എന്ന് വെച്ചാൽ ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്തു ശാന്തി നമ്മൾ വിചാരിക്കുന്നത് ഈ പുറത്തുനിന്ന് കിട്ടുന്ന പണമാണ് ഇതിന്റെ ഫലമെന്നാണ് ഇത് ചെയ്ത് ചെയ്ത് യജിച്ച് യജിച്ച് യജിച്ച് ഉള്ളിൽ ഒരു പ്രശാന്തി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ശാന്തി ഒന്നും അല്ലാതെ ധ്യാനം ചെയ്ത് ഒരു ടെക്നിക്ക് ഉപായം കൊണ്ടുള്ള നിഗ്രഹാണ് ഇത് ഉപായല്ല ഒരു ഉപായല്ല നിങ്ങൾ ജീവിതം മുഴുവൻ അർപ്പിച്ച് കുറെ കഴിയുമ്പോൾ വാസനാക്ഷയം വന്ന് നിങ്ങൾ ധ്യാനിക്കൊന്നും വേണ്ട ആ ശാന്തിയെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതാണ് ശങ്കരാചാര്യരുടെ അവ്യാജ ശാന്തി എന്ന് പറഞ്ഞു അവ്യാജശാന്തി ആ ശാന്തിക്ക് ഉപായൊന്നുമില്ല അപ്പൊ ജപിച്ചാലേ ശാന്തി ധ്യാനിച്ചാലേ ശാന്തി എന്ന് പറഞ്ഞാൽ അവസാനാവുമ്പോ മരണസമയത്ത് വിശ്വസിക്കാൻ പറ്റില്ല അത് നമ്മളെ കൈവിട്ടുകളും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോകും നേരെ മറിച്ച് ഈ കർമ്മഫലത്യാഗം കൊണ്ട് ത്യാഗാത് ശാന്തിരനന്തരം എന്ന് ഭഗവാൻ പറഞ്ഞു നിസ്വാർത്ഥത വാസനാക്ഷയം കൊണ്ടുവരുന്ന ആ ശാന്തി അത് നമ്മളെ ടെക്നിക്ക് കൊണ്ട് ഉണ്ടാക്കിയ ശാന്തിയല്ല അതാണ് അമനീഭാവം എന്ന് പറയുന്നത് അത് അവസാനാവുമ്പോൾ നമ്മൾക്ക് ഉപായമൊന്നും ഇല്ലെങ്കിലും ആ ശാന്തി നിക്കും നിങ്ങൾ സാധനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ ശാന്തി ഉണ്ട് നിങ്ങളുടെ ശരീരം എന്തൊക്കെ വേദനയും വിഷമങ്ങളും ഉള്ളപ്പോഴും ആ ശാന്തി ഹൃദയത്തിലുണ്ട് മരണസമയത്ത് ആ ശാന്തിയോടുകൂടെ നദീ സമുദ്രത്തിൽ ചേരുന്ന പോലെ ചേരും ബ്രാഹ്മി സ്ഥിതി എന്ന് ഭഗവാൻ ഇതിന് ഗീതയില് പറഞ്ഞു അന്ധകാലത്തിലെങ്കിലും അർജുനായി ബ്രാഹ്മി സ്ഥിതി നേടിയെടുക്കണം അതിനെന്താ വഴി മുഖ്യമായ വഴി കർമ്മഫലത്യാഗമാണ് ഈ സ്വാർത്ഥത ഈ കിട്ടണം കിട്ടണം കിട്ടണം എന്നുള്ളത് എന്ത് ലാഭം എന്ത് ലാഭം അവകാശങ്ങൾ ഇതൊക്കെ ഉള്ളുന്നു പോകണം ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം ഒന്നും വേണ്ട എന്താ നമുക്ക് വേണ്ടത് ഊണ് കഴിക്കണം ണം താമസിക്കാൻ ഒരു സ്ഥലം വേണം ഉടുക്കാൻ വസ്ത്രം വേണം അതിൽ കൂടുതലൊക്കെ ഏകദേശം എല്ലാവർക്കും കിട്ടുന്നുണ്ട് പിന്നിപ്പെന്താ വേണ്ടത് സമാധാനമായിട്ടിരിക്കണം ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ട് ഗീത വായിച്ച് ഭാഗവതം വായിച്ച് ഏകാന്തമായി ഒരിടത്തിരുന്ന് അധ്യാത്മ സാധനയുടെ രുചി കിട്ടിയ ആളുണ്ടല്ലോ അയാളാണ് അമൃതമയമാവണത് ജീവിതം പുറം ലോകത്തിൽ ഇങ്ങനെ അലഞ്ഞു നടന്ന് പുറം ലോകത്തുനിന്ന് സുഖം കിട്ടണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് നിരന്തര ശാന്തി ഉണ്ടാവുകയില്ല പലരും ഗീതയെ ധരിക്കണത് അതൊക്കെ നമ്മൾ ബിസിനസ് മാനേജ്മെന്റിൽ എംപ്ലോയ് ചെയ്തിട്ട് ധാരാളം പണം വരാനുള്ള ഒരു ശാസ്ത്രമാണെന്നാണ് ബിസിനസ് മാനേജ്മെന്റിലും ഉപയോഗിക്കണം എല്ലാത്തിലും ഉപയോഗിക്കണം പക്ഷെ പണം വരാനല്ല അവിടെ പലർക്കും മനസ്സിന് പല കുഴപ്പങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ശാന്തി അത് തീർക്കാൻ എവിടെ വേണമെങ്കിലും ഉപയോഗിച്ചോളൂ പൊളിറ്റിക്സില് ഉപയോഗിച്ചോളൂ എവിടെയും മനസിന്റെ കുഴപ്പം നീക്കാൻ ഏത് കർമ്മത്തിന് യുദ്ധത്തിനെ തന്നെ യജ്ഞമാക്കി തീർക്കാമെങ്കിൽ പിന്നെ ഏതിനെ ചെയ്യാൻ പാടില്ല ബിസിനസ്സിനെ യജ്ഞമാക്കി തീർക്കാമെങ്കിൽ ബിസിനസ്സുകാരന്റെ ഉള്ളില് ചതിയും വഞ്ചനയൊന്നും ഉണ്ടാവില്ല ധർമ്മത്തിന്റെ ഉള്ളിൽ ബിസിനസ് ചെയ്യാൻ പറ്റും കസ്റ്റമറിനും അതുകൊണ്ടുള്ള നേട്ടം ഇയാളോടുള്ള വിശ്വാസം ഉണ്ടാവും ശ്രദ്ധ ഉണ്ടാവും ഇയാൾ നമ്മളെ പറ്റിക്കില്ല എന്നറിയാം ചെയ്യണ ആൾക്ക് സമാധാനം ഉണ്ടാവും വാങ്ങിക്കുന്ന ആൾക്ക് സമാധാനം ഉണ്ടാവും ആ കാലാകാലത്തിൽ നിൽക്കും ഭഗവത് അനുഗ്രഹം അവിടെ ഉണ്ടാവും അതുകൊണ്ട് ഏത് ഫീൽഡിലും ഗീതാശാസ്ത്രം പ്രാവർത്തികമാണ് അല്ല എന്ന് പറയണില്ല പക്ഷേ അത് നിവൃത്തിപരമാണെന്നേ നമ്മൾ പറയണുള്ളൂ പ്രവൃത്തിപരമല്ല അത് അതായത് അത് ഏത് ഫീൽഡിലാണെങ്കിലും അതിന്റെ പർപ്പസ് ഫ്രൂട്ടിലല്ല നിങ്ങളിലാണ് അത് മറന്നുപോയാലാണ് കുഴപ്പം അതിന്റെ പർപ്പസ് എന്ത് കിട്ടണു എന്നുള്ളതിലല്ല ഉള്ളിലുള്ള സമത്വം യോഗ ഉച്ച സമനില തെറ്റാതിരിക്കുന്നുണ്ടോ ശാന്തി ഉണ്ടോ അതാണ് ഗീതാശാസ്ത്രത്തിന്റെ ലക്ഷ്യം അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടണു എന്നുള്ളതിലല്ല അത് അപ്പൊ കിട്ടില്ല അത് ആർക്ക് എന്താണോ കിട്ടാനുള്ളത് എന്ന് വെച്ചാൽ അത് കിട്ടും ആർക്കാണോ യാതൊന്നിലും നിർബന്ധമും ആഗ്രഹവും ഇല്ലാത്ത ആള് അവർക്ക് വേണമെങ്കിൽ ആകാശത്തുനിന്ന് പൊന്നു വീഴും ശങ്കരാചാര്യന് ആ ദാരിദ്ര്യമുള്ള കുടുംബത്തിലെ വിഷമിച്ചിരിക്കണവർക്ക് വേണ്ടി അംഗം ഹരേ ഹെ പുളകഭൂഷണമാശ്രയന്തി എന്ന് വിളിച്ചപ്പോ മോളിൽ നിന്ന് കോയിൻ വീണു എന്നാണ് പറയണത് കഥ കേട്ടിട്ട് ധാരാളം ആളുകൾ അത് പഠിച്ച് ചൊല്ലി മുകളിൽ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ പറയും പല്ലിയോ വല്ലത് വീണായി ശങ്കരാചാര്യർ ചൊല്ലിയപ്പോ വീണു എന്ന് വെച്ചാൽ ശങ്കരാചാര്യർക്ക് തനിക്ക് വേണ്ടി ഒന്നുമില്ല ആഗ്രഹമൊന്നുമില്ല അതുകൊണ്ട് അഭിസന്ധായത് ഫലം എന്തെങ്കിലും കിട്ടണം എന്നാഗ്രഹം ആദ്യമേ അതാണ് ചെയ്യണമെന്ന് പോലും ഇല്ല അവർക്ക് കൂലി നേരത്തെ തരണേ ഞങ്ങൾ ഇപ്പോഴേ പോയിക്കൊള്ളാന്ന് അഭിസന്ധായത് ഫലം ഇപ്പൊ ഗവൺമെന്റൊക്കെ അതാണ് ചെയ്യണത് ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് മാസം ദിവസത്തെ രൂപ തന്നുകള നിങ്ങൾ പണിയൊന്നും എടുക്കണ്ട അതുകൊണ്ട് കൃഷിക്ക് ആളില്ല വേറെ ഒരു പണിക്ക് ആളില്ല കൊറേ കഴിയുമ്പോ ഒക്കെ മറന്നു പോകും എല്ലാം പരമ്പരയിലും ചില ചില വിദ്യകളുണ്ടായിരുന്നു ഏകദേശം ഒക്കെ പോയി ഫലമാണ് മുമ്പിൽ നിൽക്കുന്നത് എന്ത് കിട്ടും ഇത് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ അതിലുള്ള സന്തോഷമേ പോയി ഈ ഫലം എന്താ ഏത് രൂപത്തിലാണ് ഒന്നില് പണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുഖം അല്ലെങ്കിൽ റെക്കഗ്നീഷൻ ഒരു പേര് പുകഴ് പ്രസിദ്ധി ഇതൊക്കെ എത്ര നേരത്തേക്ക് സുഖം കിട്ടും അത് മാത്ര അതൊരു ഡിസ്റ്റർബൻസുമാണ് അമ്പലത്തിൽ പൂജ പോലും നോക്കൂ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ശമ്പളത്തിലാണെങ്കിൽ ശരിക്കും പൂജ ചെയ്യാൻ പറ്റുമോ അത് ദേവപൂജയാവോ പൂജാരി പൂജ ചെയ്തോണ്ടേ ഇരിക്കുമ്പോൾ മാസം തന്നിട്ടില്ല തലയിൽ എഴുത്ത് പൂജ ഇത്രയും പഠിച്ചു ജോലി കിട്ടിയിട്ടില്ല ഈ ശാന്തിപ്പണിക്ക് വരാനേ പാടില്ല ദേവന്റെ ഒരു കഷ്ടകാലം നോക്കൂ അതാണ് ഇയാള് വരുന്നത് കണ്ടോണെ ദേവൻ കുളിച്ചു കുറ്റിത്തലയും കുടഞ്ഞ് അമന്ത്രകുംഭം ചൊരിയുന്ന നേരം വരച്ചു ദേവൻ ചുവരോടലച്ചു നീരോവിലൂടെ ഗമനഞ്ചകാരാ നീരോവിലൂടെ പോയി അത്രേ ഒരാള് ഒരു സാധു ഒരു മുമ്പിൽ ഇരിക്കണോ അപ്പൊ പൂജാരി പുറത്തു പോകുമ്പോഴും നമസ്കരിക്കും അകത്ത് പോകുമ്പോഴും അദ്ദേഹം നമസ്കരിക്കും പൂജാരി അവസാനാവുമ്പോൾ പൂജാരിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു എന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ദേവൻ എന്തോ ഉണ്ടല്ലോ നമസ്കരിച്ചൂടെ ഞാൻ എനിക്കിതിപ്പോ പണിയൊന്നും കിട്ടാത്തോണ്ട് ഞാൻ പൂജയ്ക്ക് വന്നതാ പൂജാരിയാണെന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കൊന്നും വേണ്ടു അപ്പോ സിദ്ധൻ പറഞ്ഞു ഞാൻ ദേവനെ തന്നെയാണ് അപ്പൊ നമസ്കരിക്കണത് നിങ്ങൾ ഉള്ളിൽ പോകുമ്പോൾ അദ്ദേഹം പുറത്തു വരണു നിങ്ങൾ പുറത്ത് വരുമ്പോൾ അദ്ദേഹം അകത്ത് പോകണു ഞാൻ കാണണ്ട് എന്ത് കിട്ടും എന്ന് പറഞ്ഞ് പൂജ പോലും ചെയ്ത ഫലം ഇല്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യമൊക്കെ പറയണു അഭിസന്ധായത് ഫലം ദമ്പാർത്തമി ചെയ്യത് പിന്നെ അല്ല ഒന്നും കിട്ടാനല്ല അഹങ്കാരത്തിന് നാല് പേര് കാണണം നാല് എന്നെ സ്തുതിക്കണം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊരു ഒരു ഗൗരവത്തിന് വേണ്ടിയിട്ട് ദമ്പം ംഭാർത്ഥമി ചെയ്യത്ത് ഭരതശ്രേഷ്ഠ ഭരതവംശത്തിൽ ജനിച്ചവനെ വേറൊരർത്ഥം ഈ ജഡഭരതൻ ആരും കാണാതിരിക്കാൻ ആരും അറിയാതിരിക്കാൻ വേണ്ടി ഭ്രാന്ത് പോലെ നടന്നു അപ്പൊ ഭരതനെ കണ്ടപ്പോ രാജാവ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ രഹൂഗണൻ മനസ്സിലാക്കിയപ്പോ ഈ അവധൂതൻ പറഞ്ഞു ആരെങ്കിലും എന്നെ കണ്ടു മനസ്സിലാക്കരുതെന്ന് പറഞ്ഞ് ഞാനിതെങ്ങനെ നടക്കുകയാണെന്ന് അവിവൃതശ്വരാമീ ഗൂഢശ്വരാമി അതുകൊണ്ട് ഇവിടെ ഭരതശ്രേഷ്ഠ എന്നെടുത്ത് പറഞ്ഞു ആ വംശത്തിൽ ജനിച്ചവനെ തം യജ്ഞം വിദ്ധി രാജസം ആ യജ്ഞത്തിനെ രാജസം എന്നറിഞ്ഞുകൊള്ളുക ഫലേച്ചയിൽ ആഗ്രഹം വെച്ചുകൊണ്ട് നാലാള് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വീഡിയോക്കാരനുള്ളപ്പോ മാത്രം വീഡിയോ എടുക്കുമ്പോ അപ്പജ്ഞത്തില് യാഗം നടത്തിയപ്പോ കൊറേ വെള്ളക്കാരവരവരൊക്കെ വന്നു അപ്പൊ അവരൊക്കെ വീഡിയോ എടുക്കണു അപ്പൊ ഒരു ആഹൂതി കഴിഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഈ ഈ ആഹൂതി വന്നില്ലല്ലോ എന്ന് ചോദിച്ചു അല്ല കഴിഞ്ഞു അല്ലല്ല വീഡിയോ എടുത്തില്ല ഒന്നും കൂടെ ചെയ്യുന്നു എന്തിനാ ചെയ്യണേ ദമ്പാർത്തമി പൂജ നാലാള് കാണാൻ വേണ്ടിയിട്ട് ദമ്പാർത്ഥം ഏത് കർമ്മവും ഗൗരവത്തിന് വേണ്ടി നാല് നമുക്കൊരു പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടോ ഒരു റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ ഏത് കർമ്മവും യാഗം യജ്ഞം പൂജ മാത്രമല്ല ലൗകിക കർമ്മമാണെങ്കിലും ദമ്പത്തിനു വേണ്ടി യൂസ്ലെസ് ആണ് ഈ ദമ്പത്തിനു വേണ്ടി ചെയ്യണത് പക്ഷെ ദമ്പത്തിനു വേണ്ടി എത്ര പണ ചെലവാക്കുന്നത് അഡ്വർട്ടൈസിങ്ങിന് വേണ്ടി എത്ര പണമാണ് ചെലവാക്കുന്നത് അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ വിലയായിട്ട് വരുന്നത് ജീവിതം എത്രയോ സിമ്പിൾ ആക്കിയാൽ എത്ര സമാധാനമായിട്ടിരിക്കാം ദമ്പമാണ് മുമ്പിൽ നിൽക്കുന്നത് ദമ്പാർത്ഥമി ചെയ്യത് ഈ നല്ല കാര്യങ്ങളൊക്കെ പോലും ഒരാൾ ചെയ്യണത് ദമ്പത്തിനു വേണ്ടിയാണെങ്കിൽ ദമ്പം തന്നെ അയാൾക്ക് ഫലം ഭഗവത് പ്രാപ്തിയല്ല അയാൾക്ക് ഫലം കിട്ടിക്കഴിഞ്ഞു എന്താന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടേണ്ടത് ദമ്പാണ് കിട്ടിക്കഴിഞ്ഞുവല്ലോ നാല് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിനെ കുറിച്ച് അയാൾക്ക് ഫലമായി എല്ലാരും നമ്മളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് സന്തോഷമായി സമാധാനമായി ദമ്പാർത്തമവി ചെയ്യത് തയ്യജ്ഞം ആ യജ്ഞത്തിന് രാജസം എന്നറിഞ്ഞുകൊള്ളൂ രജോ ഗുണസംബന്ധിയാണ് യജ്ഞം എന്നറിഞ്ഞുകൊള്ളു ഇനി അടുത്തത് വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം ശാസ്ത്രം പറഞ്ഞതിന് വിപരീതമായിട്ടുള്ള യജ്ഞം ശാസ്ത്രം ഇന്നെന്ന വിധത്തിൽ യജ്ഞം ചെയ്യണം യാഗം ചെയ്യണമെന്ന് വിധിച്ചിട്ടുണ്ട് കർമ്മകാണ്ടേദാഗത്തില് എല്ലാ മന്ത്രങ്ങളും യജ്ഞത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ളവയാണ് ആദ്യമന്ത്രം തന്നെ ഋഗ്വേദമന്ത്രം തന്നെ അഗ്നിമീളെ പുരോഹിത യജ്ഞം ഋത് ഹോതാത്തമം അഗ്നിം ഈളെ പുരോഹിതം യജ്ഞ ദം ഋത്വിജം ഹോതാരം രത്നധാതമം അപ്പോ അവിടെ യജ്ഞ ഋത്വിജം ഹോതാറം രത്നധാത്മം യജ്ഞപദം അവിടെ തന്നെ വന്നു ആദ്യമന്ത്രത്തിൽ തന്നെ അവിടെ തന്നെ യജ്ഞം യ എന്ന് വന്നു ആ യജ്ഞം വിധിഹീനം വിധിഹീനമായിട്ട് അതായത് ശാസ്ത്രം പറഞ്ഞ പറയാത്ത രീതിയില് ശാസ്ത്രോപദിഷ്ടമല്ലാത്ത വിധത്തിൽ യജ്ഞം ചെയ്തു അസൃഷ്ടാന് ബ്രാഹ്മണേഭ്യോ നൃഷ്ടം ദജ്ഞേ അസൃഷ്ടാന് അന്നം കൊടുത്തില്ല എന്നാണ് യജ്ഞത്തിന്റെ വളരെ മുഖ്യമായ ഒരു അംശം ഭക്ഷണം കൊടുക്കല എന്താന്ന് വെച്ചാൽ ഈ ബാഹ്യ യജ്ഞത്തിന്റെ ശരിക്കുള്ള ഫലെന്താന്ന് വെച്ചാൽ കൊറേ പേര് ഭക്ഷണം കഴിക്കും എന്നുള്ളതാ ഒരു വിധത്തിൽ കേരളത്തിൽ ഇത്തിരി കളിയാക്കി പറയും ഉത്തമ അംഗം മനുഷ്യന് വയർ എന്നു ശഠിപ്പവർ എന്ന് പറഞ്ഞു അതൊരു മുഖ്യ അംഗമാണ് വയറ് എന്താന്ന് വെച്ചാൽ വൈശ്വാനറോ ഭൂത്വ വൈശ്വാനരനായിട്ട് മനുഷ്യൻ വയറ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് സാധാരണ ചൊല്ലും വായ് വാഴത്താട്ടും വയറ് വാഴത്തും അപകഴത്താട്ടും വയർ വാഴത്തും അപ്പം എന്റെ അന്ന പോടാ ആ ഭക്ഷണ ഉള്ളില് പോകുമ്പോ ഉള്ളിലുള്ള ഈശ്വരൻ സന്തോഷിക്കും അങ്കുഷ്ടമാത്ര പുരുഷ അങ്കുഷ്ടം ച സമാശ്രിതസർവസ്യ ജഗത പ്രഭു പ്രീണാതിവിശ്വഭുക് വിശക്കണ ഒരാളുടെ ഉള്ളിലേക്ക് അന്നം കൊടുത്തു കഴിയുമ്പോ ജഗത്തിന് മുഴുവൻ സർവേശ്വരനായ ഭഗവാൻ പ്രീതനാവുള്ളൂ അത് മനുഷ്യന് മാത്രം ഒരു ഉറുമ്പിന് കൊടുത്താലും ഒരു പശുവിന് കൊടുത്താലും അതെ നായ്ക്ക് കാക്കയ്ക്ക് കൊടുത്താൽ ശരി